ജാഗ്രതോ നു യോഗോസ്തി സമാരാധനശാപ്പാട് വയർ നിറയെ കഴിച്ചിട്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ റക്കമേ വരുള്ളൂ വയറ് നിറയെ ചാപ്പാട് കഴിച്ചു പലതരത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ധ്യാനിക്കാൻ പറ്റില്ല ഒരുപാട് തിന്നുന്നവന് എവിടുന്നു ധ്യാനം വരും പറയുക അത്യഷ്ണസ്തുസ്ഥി അതുമല്ല ഒരുപാട് വയറിൽ പലതും കയറ്റി വെച്ചിട്ട് ധ്യാനിക്കാനിരുന്നാൽ നാടിനരമ്പുകളിലൊക്കെ ബ്ലോക്കേജ് ഉണ്ടാവും പല വിധത്തിലുള്ള തടസ്സം ഉണ്ടാവും ശരി അത് പറഞ്ഞ് ഞാൻ ഒറ്റയടിക്ക് അങ്ങോട്ട് ഉപവാസം ഇരിക്കാൻ പോവാന്ന് പറഞ്ഞാൽ സിദ്ധി കൂടും നച്ചയ്കാന്തം അനശ്നത സമാധിയിലിരുത്താൻ പെട്ടെന്ന് നമ്മളെ അല്ലേ ഭക്ഷണം കഴിക്കാതെയും ഒട്ടും കഴിക്കാതെ ഇരുന്നാലോ അപ്പോഴും ധ്യാനിക്കാനുള്ള ഊർജ ഉണ്ടാവില്ലേ ധ്യാനിക്കാനുള്ള ഊർജ ഉണ്ടാവില്ല അപ്പൊ നമ്മളുടെ മോഡറേഷൻ എന്താണ് നമ്മൾ അറിഞ്ഞുകൊള്ളണം ഒരുപാട് വലിച്ചു വാരി തിന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ധ്യാനസുഖം ഉണ്ടാവില്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ധ്യാനസുഖം ഉണ്ടാവില്ല സാധാരണ രാത്രി ഭക്ഷണം കഴിച്ച് രാവിലെ ആകുമ്പോഴേക്കും ജീർണിച്ച് ബ്രാഹ്മ മുഹൂർത്തത്തിൽ കാലിയായിരിക്കുമ്പോൾ സുഖമായിട്ട് ധ്യാനിക്കാം ഒരു ഒമ്പത് പത്ത് മണി കഴിയുമ്പോൾ പതുക്കെ വശിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ധ്യാനമൊക്കെ പോയി അപ്പോൾ വല്ലതും കൊടുക്കണം വിക്ഷ എന്തെങ്കിലുമൊക്കെ പോയാൽ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും ലൈറ്റായിട്ട് ഉള്ളിൽ പോയാൽ പിന്നെ കുറച്ച് നേരം എങ്ങനെ ഇരിക്കാം നചൈകാന്ത മനശ്നത നചാതിസ്വപ്നശീലസ്യ ഒരുപാട് സ്വപ്നം കാണുന്നവനും ധ്യാനിക്കാൻ പറ്റില്ല കൂടുതൽ ഉറങ്ങിയാൽ സ്വപ്നം കാണും അതാണ് സ്വപ്നശീലം എന്ന് പറഞ്ഞ ഉറങ്ങുന്നവനെന്ന് പറഞ്ഞില്ല ഉറങ്ങണം ഉറക്കം അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞാൽ സ്വപ്നമായിട്ട് മാറും കുറച്ചൊക്കെ സ്വപ്നം നല്ലതാണ് എന്താന്ന് വെച്ചാൽ ജാഗ്രത്തിൽ പലതും നമുക്ക് സാധിക്കാത്ത ആഗ്രഹങ്ങളൊക്കെ അന്തര്യാമിയായ ഭഗവാൻ സ്വപ്നത്തിൽ സാധിച്ചു തരും അതാണ് ചിലപ്പോൾ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടാവില്ല സ്വപ്നത്തിൽ മാർത്താണ്ഡ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എഴുന്നേറ്റ രാജ്യമാണ് പോണതേ അപ്പൊ ചിലപ്പോൾ ചില ആഗ്രഹങ്ങളൊക്കെ സ്വപ്നത്തിൽ അല്പ ആ ഭഗവാൻ തന്നെ സാധിച്ച് നമുക്ക് ശാന്തി ഉണ്ടാക്കി തരും ഈ സൈക്കാട്രിസ്റ്റൊക്കെ പറയും കാറ്ററിസ്റ്റ് പറയും ചില ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് തീർക്കുക നോക്കും അത് പുറമേക്ക് തീർക്കാൻ പോയാൽ മഹാ കുഴപ്പമാകും അപ്പൊ ഉള്ളിലുള്ള ആൾക്കറിയാൻ ചില ആഗ്രഹമൊക്കെ സ്വപ്നത്തിലൂടെ തീർത്തു തരും തീർത്തു തരും അപ്പൊ സാരി പോട്ടെ കുറച്ച് സ്വപ്ന ജാഗ്രത എങ്ങനെയോ അതുപോലെ കുറച്ച് സ്വപ്നം പക്ഷേ നിരന്തരം സ്വപ്നം നമ്മളുടെ സീരിയലൊക്കെ സ്വപ്നമാണ് സിനിമ സീരിയല് സ്വപ്നമാണ് അതിന് അത് വേറെ ഒരാളുടെ സ്വപ്നം നമ്മളുടെ ആ സ്വപ്നം ഒക്കെ കണ്ടിട്ട് നമ്മൾ കിടക്കാണ് രാത്രി ഉറങ്ങുമ്പോൾ അപ്പൊ അതിന്റെ കണ്ടിന്യുവേഷൻ ആണ് രാത്രി അതിൽ എന്താവോ എന്ന് വിചാരിച്ചിട്ടാണ് കിടന്നതേ പിന്നെ ആ കണ്ടിന്യുവേഷൻ ഇങ്ങനെയൊക്കെ മാനസിക സ്വപ്നം ഉറക്കം കൊണ്ടും ചിത്തവൃത്തികൾ കൊണ്ടും നമ്മളുടെ ഊർജം നഷ്ടപ്പെടും ചിത്തവൃത്തികൾ ലയിച്ചു കിടക്കുന്നതിനെ ഉറക്കമെന്ന് പറയണു ചിത്തവൃത്തികൾ ചലിക്കുന്നതിനെ സ്വപ്നം എന്ന് പറയണുറക്കം കൊണ്ടും ചിത്തവൃത്തികൾ കൊണ്ടും ഊർജ്ജ നഷ്ടപ്പെടും കൂടുതൽ ഉറങ്ങിയാൽ ഊർജം നഷ്ടപ്പെടും കൂടുതൽ ചിന്തിച്ചാൽ ഊർജം നഷ്ടപ്പെടും സ്വപ്നം കണ്ടാൽ ഊർജം നഷ്ടപ്പെടും വിജിലൻ്റായി അലേർട്ടായിട്ട് ചിത്തവൃത്തികളൊന്നും വരാതെ ശാന്തമായിരുന്നാൽ നമ്മൾക്കറിയാത്ത ഒരു സോഴ്സ് നിന്ന് ധാരാളം ഊർജം വലിച്ചെടുക്കും നമ്മള് അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ചിത്രവൃത്തികൾ ഉണ്ടാവണില്ല ഉറങ്ങുന്നുമില്ല നിശ്ചലമായിട്ടിരിക്കുന്നു ശാന്തമായിട്ടിരിക്കുന്നു ടോണിക്ക് കുടിച്ച പോലെ ആവും അപ്പൊ എന്നാൽ ശരീരത്തിന് ഉറക്കം വേണം അപ്പൊ എന്താ കുറച്ചു ഉറങ്ങണം എത്ര രണ്ടും വേണം അത്ര രണ്ടും ഉറങ്ങണം ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് കാണാം കൂടുതൽ ഉറങ്ങിയാൽ പിന്നെ എഴുന്നേറ്റ ആ ക്ഷീണം തീർക്കാൻ ആദ്യം ഉറങ്ങണം ചിലപ്പോ അല്പം ഉറങ്ങിയാൽ എഴുന്നേറ്റ ഫ്രഷായിട്ടിരിക്കും അപ്പൊ എത്ര കൊണ്ടോ ഉറങ്ങണം ഒക്കെ പഠിക്കുക ന യോഗോസ്തി നച്ചീകാന്ത മനഷ്ണത നചാതി അതുപോലെ ഉറങ്ങാതെ ഇരിക്കുകയാണ് ഒരാള് അയാൾക്ക് ധ്യാനിക്കാൻ പറ്റും ജാഗ്രത അടുത്ത ശ്ലോകം നോക്കും യുക്താഹാരുക്തപ്നാവബോധ യോഗോഭവതി ദുഃഖ എല്ലാത്തിലും യുക്തമായിട്ടിരിക്കുകയാണ് ഇവിടെ ആചാര്യസ്വാമികൾ ചില മന്ത്രങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ യദുഹവാ ആത്മസംഹിതം അന്നം തത് അവ ബൃഹധാരണ ഉപനിഷത്തിലെ മന്ത്രമാണ് യദുഹവാ ആത്മസംഹിതം അന്നം തത് അവ ശരീരത്തിന് എത്ര അന്നം വേണമോ അത്രയും അന്നം കഴിച്ചാൽ അത് നമ്മളെ രക്ഷിക്കും അതിൽ കൂടുതലായാൽ യത് ഭൂയ ഹിനി കനിയ കനീയ അന്നം ന തഥവതി അല്പമായിട്ട് കഴിച്ചാൽ നമുക്ക് പോരാ കൂടുതലായിട്ട് കഴിച്ചാലോ ആ അന്നം തന്നെ നമ്മൾ മൃത്യുവിന് കാരണമായിട്ട് പല രോഗങ്ങളായിട്ടും ഒക്കെ അശനാ പി ഈ മൃത്യുഹൂ എന്നൊരു ചൊല്ല വിശപ്പും ദാഹുവും തന്നെ മൃത്യുവായിട്ട് തീരുന്നതാണ് അപ്പോ അന്നം കഴിക്കണത് വിശപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് തിന്നാൻ വേണ്ടി ഇരിക്കുക എന്നാവാൻ പാടില്ല അപ്പൊ യുക്ത ആഹാര് വിഹാരസ് യുക്തചേഷ്ടുക്തസ്വപ്നാവബോധസ് ആഹാരം തനിക്ക് എന്താണോ ചേരുന്നത് ആ അന്നം ചിലർക്ക് പാല് കുടിച്ചാൽ നല്ലതായിരിക്കും പക്ഷെ നമുക്ക് ചിലർക്ക് പാല് കുടിച്ചാൽ ചിലപ്പോ പറ്റില്ല ചിലർക്ക് അരിച്ചോറ് കഴിച്ചാലാണോ പറ്റുക എല്ലാവർക്കും പറ്റില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ജനറൽ ആയിട്ട് ലച്ചർ ചെയ്യാൻ പാടില്ല ഇതൊക്കെ അവരവരുടെ ശരീര വേറെ വേറെയാണ് ഓരോരുത്തരുടെയും ശരീരം അത് അവരവർ കണ്ടുപിടിച്ചോളണം ഈ കാര്യങ്ങളൊന്നും ഓരോരുത്തരുടെ ആഹാര പരിമാണം ഓരോ പോലെയാണ് ഒരാളെ നോക്കിയിട്ട് അയാൾ കഴിക്കുന്ന പോലെ ഞാൻ കഴിക്കാൻ തുടങ്ങിയ എനിക്ക് ശരിയാവില്ല അതൊക്കെ അവരവർ കണ്ടുപിടിച്ചോളാം യുക്തം എന്ന ഒറ്റ വാക്കേ ഭഗവാൻ പറഞ്ഞുള്ളൂ എങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് ധ്യാനിക്കാൻ പറ്റുമോ അങ്ങനെ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഉറങ്ങുക യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മ എത്ര കണ്ട് ജോലി ചെയ്യണമോ അത്ര ചെയ്യുക ജോലിയും അധികം ആവാൻ പാടില്ല ആളുകൾക്ക് അതിലൊരു അഭിമാനമാണ് ഞങ്ങള് രാവും പകലും പണിയെടുക്കണമെന്ന് ആര് പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പണിയെടുക്കാൻ നിങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ പണിയെടുക്കുന്നത് രാവും പകലും ആരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഇത്രയും പണിയെടുത്താൽ കുറെ കഴിയുമ്പോൾ സുഖമായിട്ട് ഇരിക്കേണ്ട സമയത്ത് എന്തെങ്കിലും രോഗം ബാധിക്കും അത്രേ ഉള്ളൂ ഇത്രയേ ചെയ്യുള്ളൂ എന്ന് പറയണം ഞങ്ങൾ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു അന്നാ കമ്പനിയിലുള്ളവർ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു അപ്പം നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പോവാ വേറെ ആരെങ്കിലും നിനക്ക് നിനക്ക് ജീവിക്കാൻ നിന്റെ പ്രാരബത്തിന് യോഗ ഉണ്ടെങ്കിൽ നിനന്റെ സൗകര്യത്തിനനുസരിച്ച് ആരെങ്കിലും ജോലി തരും നീ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ എനിക്ക് മതിയും തീരുമാനിക്കുകയാണെങ്കിൽ അത്ര പണിയെടുത്താൽ മതി ഞാൻ ഇത്രയേ ചെയ്യുള്ളൂ സിൻസിയറിറ്റി വേണ്ട ജോലിയിൽ നീ സിൻസിയർ ആയിട്ട് ഇരുന്നിട്ട് ഏതോ അമേരിക്കൻ കമ്പനിക്കാർക്ക് പണം ഉണ്ടാക്കി കൊടുത്തിട്ട് ധർമ്മമൊന്നും സ്ഥാപിക്കാൻ പോണില്ല നമ്മള് സിൻസീരിറ്റിന്നൊക്കെ മിസ് അഡർസ്റ്റാൻഡിങ് ആണേ വയറ്റപ്പഴപ്പേ ഉള്ളൂ ഇവിടെ അല്ലാതെ ഇവിടെ എന്ത് കഴിക്കാനാ നമ്മള് സിൻസീറിറ്റി സിൻ യു ഷുഡ് ബി സിൻസിയർ വിത്ത് യുവർ സെൽഫ് നിങ്ങൾ ജനിച്ചത് എന്തിനാണോ അതിൽ നിങ്ങൾക്ക് സിൻസിയറിറ്റി കാണാനില്ല ഭഗവത് സാക്ഷാത്കാരത്തിൽ സിൻസിയറിറ്റി കാണാനില്ല ബ്രാഹ്മണനായിട്ട് ജനിച്ചിരിക്കുന്നു സന്ധ്യാവനും വേദാധ്യയനം ആത്മവിചാരം ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് പരമ്പരയ എത്രയോ ജന്മങ്ങളായി വന്ന് ഋഷികൾ പറഞ്ഞതിനോടൊന്നും സിൻസിറിറ്റി ഇല്ല അല്പം പോലും മനസാക്ഷി ഇല്ലാതെ അവരുടെ പകലിൽ നമ്മളെ പണിയെടുപ്പിക്കുന്ന അമേരിക്കക്കാരുടെ അടുത്ത് നീ സിൻസിയറിറ്റി കാണിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് ജീവിക്കണം എന്ന് വെച്ചാൽ നീ രോഗിയാവാൻ വിധിക്കപ്പെട്ടവനാണ് നീ രോഗിയാവണം എനിക്കിത്രയും മതി എന്ന് പറയാനുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ പണി പോകും പോട്ടെ ജീവിക്കൂ എന്ന് ഒന്ന് ജീവിക്കൂ എന്ന് ഒന്ന് നിനക്ക് ഇത്ര രൂപ കിട്ടണം എന്ന് യോഗമുണ്ടെങ്കിൽ മിണ്ടാതിരുന്നാൽ മേലെ വീഴും നിയമാണെന്നു വെച്ചാൽ അതിനനുസരിച്ച് ഒന്നിൽ നിങ്ങൾക്ക് ആരെങ്കിലും ജോലി തരും ഇല്ലെങ്കിൽ ആ യോഗം ഇല്ലെങ്കിൽ എത്ര വലിയ കമ്പനിയിലാണെങ്കിലും എത്ര പണം സമ്പാദിച്ചാൽ എന്തെങ്കിലും ഒരു കാരണം വഴിക്ക് ആ പണം മുഴുവൻ പോകും എന്തിനാപ്പൊ ബേടിക്കണം നിയതി അനുസരിച്ച് ഒരു നിയമം കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഭയപ്പെടുകയോ വേണ്ട പാരമാർത്ഥികമായ ലക്ഷ്യം നിശ്ചയിച്ചിട്ട് പ്രവൃത്തിയെയും നിയന്ത്രണം ചെയ്യണം പ്രവർത്തിക്കാൻ പാടില്ല എന്നല്ല പക്ഷേ പ്രവർത്തിക്കാതിരിക്കുന്നത് എത്ര കണ്ട് തെറ്റാണോ അത്രയും തെറ്റാണോ അധികമായി പ്രവർത്തിക്കുന്നത് അത് വലിയ പാപം നമ്മളുടെ ഉള്ളിലുള്ള അന്തര്യാമയോട് ചെയ്യുന്ന പാപമാണ് സ്വാമി രാമതീർത്ഥന്റെ അടുത്ത് ചോദിച്ചു നിങ്ങളിങ്ങനെ വെറുതെ ഏകാന്തത്തിൽ ഇരിക്കണമല്ലോ ഷുഡ് യു നോട്ട് സെർവ് ദ വേൾഡ് ഷോ പിറ്റി ടു അതേഴ്സ് Ramadīrthan parṇu my dear boy show pity show pity to yourself serving the world is it not that business already overcrowded leave rama alone korchu pēreṅkilum vēṇam let a few souls live for god and for god alone and let the world go have no compromise ഫ്രം ഇറ്റ് വിവേകാനന്ദ സ്വാമിയുടെ വചനാണത് എല്ലാ നന്മകളും അതിൽ നിന്നും പൊന്തി വരും മുഖ്യമായി ജനിച്ചത് എന്തിനാണോ എന്താണോ പർപ്പസ് അത് മറന്നു കളയരുത് മറന്നു കളഞ്ഞാൽ ഒക്കെ പോയി തകടം മറന്നു പിന്നെ പിടിച്ചിട്ട് കിട്ടില്ല അതുകൊണ്ട് ഭഗവാൻ അപാര കാരുണ്യത്തോടു കൂടെ പറയാണ് എല്ലാത്തിലും താളത്തോളം ഒന്നും ചെയ്യേണ്ട എന്ന് കൃഷ്ണൻ പറഞ്ഞു പ്രവർത്തി എടുക്കണ്ടേ പ്രവർത്തി ചെയ്യണം ഊണ് കഴിക്കണ്ടേ ഊണ് കഴിക്കണം ഉറങ്ങണ്ടേ ഉറങ്ങണം ലൗകിക സുഖങ്ങൾ അനുഭവിക്കണ്ടേ അനുഭവിക്കണം അതാണ് വിഹാരം എന്ന് പറഞ്ഞത് യുക്ത ആഹാര വിഹാരസ്യ യുക്ത ചേഷ്ട കർമ്മസു യുക്ത സ്വപ്നാവബോധസ് എല്ലാത്തിലും നടുക്ക് നിക്കാൻ പഠിക്കുക നമ്മൾ എന്തിലും അധികം പ്രവർത്തിക്കണമെന്ന് ശ്രദ്ധിച്ചാൽ അഹങ്കാരം കൊണ്ടാണ് എന്തിലും ഈ താറാവിനെ വെട്ടിയ നിയമാണം എന്തിലെങ്കിലുമൊക്കെ നമ്മൾ അധികം കാണിക്കണമെന്ന് വെച്ചാൽ എന്തോ നമ്മളുടെ ഈഗോ അവിടെ ഉണ്ട് അല്ലെങ്കിൽ അധികം ഉണ്ടാവില്ല എപ്പോഴും സ ശാന്തരായിട്ടുള്ളവർ നിലയ്ക്ക് നിൽക്കും നമ്മൾക്കൊരു ചൊല്ലുണ്ട് നിലയ്ക്ക് നിന്നാ മലയ്ക്ക് സമർന്നോ അങ്ങടില്ല അങ്ങടില്ല തനിക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യും തൻ്റെ പ്രവൃത്തി എന്താന്ന് വെച്ചാൽ ചെയ്യും അതിൽ താൻ എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഇരിക്കും തൻ്റെ ഉള്ളിലുള്ള ഊർജമൊക്കെ വ്യായം ചെയ്ത് ലോകത്തിനെ സേവ ചെയ്യുന്നവൻ അവൻ സേവയൊന്നും അല്ല ചെയ്യണത് അതുകൊണ്ട് ഒരുപാട് അത്യാഹിത അതിനൊരു ഉദാഹരണം നല്ലൊരു കഥ ഞാൻ ഇട കേട്ടു കടല് ഈ ലൈറ്റ് ഹൗസ് വെക്കുമല്ലോ ലൈറ്റ് ഹൗസ് പഴയ കാലത്തൊക്കെ എണ്ണ ഒഴിച്ച് വിളക്ക് കൊടുത്തി വെക്കും വലിയ വിളക്ക് കൊടുത്തി വെക്കും അങ്ങനെ ഒരാള് നല്ലവനായിരുന്നു വളരെ അപ്പൊ ഒരു ബോട്ടുകാരൻ വന്നു അയാൾക്ക് പെട്ടെന്ന് എണ്ണ തീർന്നു അയാൾ ഈ ലൈറ്റ് ഹൗസുകാരനോട് ചോദിച്ചു എനിക്കിത്തിരി എണ്ണ തരുമോ എന്ന് ചോദിച്ചു ഈ ലൈറ്റ് ഹൗസ് വയ്ക്കണത് എന്തെങ്കിലും ബോട്ടോ തോണിയോ ആ പാറയിൽ വന്ന് ഇടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ലൈറ്റ് ഹൗസുകാരൻ ഈ ബോട്ടുകാരന് കുറച്ച് എണ്ണ കൊടുത്തു ഇതിനെന്താ വില തന്നെ തരാമെന്ന് പറഞ്ഞു അപ്പം ഈ ബോട്ടുകാരൻ ഈ ലൈറ്റ് ഹൗസുകാരൻ അതൊന്നും സാരമില്ല നമ്മളൊക്കെ ഒന്നല്ലേ നിങ്ങൾ എണ്ണ എടുത്തോളൂന്ന് തോന്നും ഇയാൾ പതുക്കെ മറ്റുള്ള ബോട്ടുകാരടുത്തൊക്കെ പോയി പറഞ്ഞു ഫ്രീ ആയിട്ട് എണ്ണ കിട്ടേണ്ടിട്ടോ പോയി വാങ്ങിച്ചോളൂ അപ്പൊ വരി വരിയായ ആളുകൾ എണ്ണ തീർന്നു പറഞ്ഞു വന്നു ഇയാൾ വളരെ നല്ലവൻ ഉള്ള എണ്ണയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ കൊടുത്തു അവസാനം വിളക്ക് കൊളുത്താൻ എണ്ണയില്ല ആ ലൈറ്റ് ഹൗസിലുള്ള വിളക്കങ്ങട് ഇട്ടുപോയി വലിയ രണ്ടു മൂന്ന് കപ്പൽ വന്ന് ആ കല്ലിൽ ഇടിച്ചിട്ട് തകർന്നു ഒരുപാട് ആളുകൾ മരിച്ചു പോയിരുന്നാണ് അതായത് തൻ്റെ ഊർജത്തിനെ ചിന്തിക്കാതെ വ്യയം ചെയ്യുന്നവൻ പലപ്പോഴും നന്മ ചെയ്യാൻ പുറപ്പെട്ടിട്ട് കൂടുതൽ ആളുകൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നതായ ജീവിതത്തിന് ഭഗവത് സാക്ഷാത്കാരത്തിന് പ്രയോജനപ്പെടുത്തണം അതാണ് മുഖ്യധർമ്മം അവാന്തര ധർമ്മമാണ് നമ്മൾ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒന്നും തലയിൽ ചുമതല വെച്ചിട്ടൊന്നും ഈ ലോകത്തിൽ ഭഗവാൻ ഒന്നും നമ്മൾ ഇന്ന് രാത്രി ചത്തുപോയാൽ എന്തു ചെയ്യും അത് എപ്പോഴും അത് ഓർത്തോളണം ഷോ ലോകം ഇങ്ങനെ പോണുവല്ലോ അങ്ങനെ പോണല്ലോ അത് പിടിച്ച് ഉയർത്തണമല്ലോ എന്ന് അദ്ദേഹത്തിന് അറിയില്ലേ നമ്മൾ കരുണാമൂർത്തിയാണ് സർവജ്ഞനാണ് സർവശക്തനാണെന്ന് പറഞ്ഞു എന്നിട്ട് അതിൽ ദൂഷ്യമൊക്കെ കാണുന്നു എന്തെങ്കിലും നമുക്കറിയാത്ത നിയമം ആ ദൂഷ്യത്തിന് പുറകിൽ നടക്കട്ടെ നമ്മളെ കൊണ്ട് വല്ലതും റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ നമ്മൾ ആ ജോലിയിലിരിക്കുക നിശ്ചയമായിട്ടും ചെയ്യണം നമ്മളുടെ ജോലി അല്ലെങ്കിൽ പരധർമ്മോ ഭയാവഹ നമ്മൾക്കല്ലാത്ത ഫീൽഡാണെങ്കിൽ നമുക്ക് മനസ്സിലാവണില്ല കാണുമ്പോൾ ചിലതൊക്കെ വിഷമം തോന്നുന്നു എന്ത് ചെയ്യാൻ പറ്റും രാഷ്ട്രീയത്തിൽ നമ്മൾക്ക് രാഷ്ട്രീയം അറിയോ നമുക്ക് പോയി പ്രവർത്തിക്കാൻ പറ്റുമോ ഒന്നും പറ്റൂ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കണേ ഉണ്ടാതിരിക്കൂ നീ വന്ന കാര്യം നോക്കിയിട്ട് പോകൂ നീ എന്ത് നന്നാക്കാനൊന്നും വന്നിട്ടില്ലേ അവിടെ നീ വിചാരിച്ചോട്ട് നന്നാവൂ ഇല്ല അതൊന്ന് ആയുണ്ടെ വാല് പോലെയാണ് വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു ഈ ലോകത്തിനെ നന്നാക്കാൻ പുറപ്പെട്ട ആളാണ് അദ്ദേഹം കുറച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു അവസാനത് നായുടെ വാലുപോലെയാണെന്നാണ് നിവർത്തു വളയും പക്ഷെ ഒരു പ്രയോജനം ഉണ്ട് കുറെ കഴിയുമ്പോൾ ഒരു കാര്യം പ്രയോജനമുണ്ട് എന്താ പ്രയോജനം വെച്ചാൽ നിവരില്ല എന്ന് അതാണ് അതുകൊണ്ട് പ്രയോജനം പുറമേക്ക് നന്നാക്കാനല്ല വന്ന വേല നോക്കൂന്നാണ് വന്ന ജോലി നോക്കൂ അനാവശ്യമായി ജീവിതത്തിനെ വൃത്താ സ്പോൺനിയസ് ആയിട്ട് എന്ത് ചെയ്യണമോ ചെയ്തോളൂ നിന്നെ ബാധിക്കാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റുവോ ചെയ്തോളൂ നല്ലത് ചെയ്തോളൂ യു സെർവ് അറ്റിട്ട് ഗെറ്റിങ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യൂ പക്ഷെ നിന്റെ ഊർജമൊക്കെ കളഞ്ഞിട്ട് നിന്നെ നശിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല അത് നിനക്ക് ആദ്യത്തെ ചുമതല എന്നോടാണ് ചുമതല എന്നോട്ന്ന് വെച്ചാൽ നിനക്ക് ഭോഗം ചെയ്യാനല്ല ത്യാഗം ചെയ്യാൻ ചുമതല എന്നോടാണ് അത് പിടിച്ചുകൊണ്ട് വേണം ആ സെന്ററിൽ നിന്നുകൊണ്ട് വേണം സർക്കംഫ്രൻസിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ ഹിതമാവുന്നതിന് പകരം ദ്രോഹമായിട്ട് തീർന്നേക്കാം നമുക്കറിയില്ല നമ്മളുടെ മനസ്സ് തന്നെ അശാന്തമാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് എങ്ങനെ നന്മ ചെയ്യും നമ്മൾ അയാളുടെ അടുത്ത് പോകുമ്പോൾ തന്നെ അയാൾ അശാന്തനാവും അപ്പോ ആദ്യം സ്വയം ചികിത്സിക്കാനാണ് ധ്യാനയോഗം അവിടെയാണ് ഭഗവാൻ പറഞ്ഞത് എല്ലാത്തിലും മോഡറേറ്റ് ആയിട്ടിരിക്കുക അധിക പറ്റുവേണ്ട കർമ്മത്തിലും ആഹാരത്തിലും നിദ്രയിലും വിഹാരത്തിലും ലൗകിക കാര്യങ്ങളിലും എല്ലാത്തിലും അങ്ങനെ ധ്യാനിക്കാൻ പുറപ്പെടുക നമ്മള് നാളെ കാണും സത്യം ജ്ഞാനമനന്തം ശം പരമാകംം ഗോഷപ്രാങ്കണരിണലോലമ പരമായാസം മായാക്കതാകാരമ ഭുവനം ഥമം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജോവിന്ദം പരമാനന്ദം ഗോവിം പരമാനന്ദം ഭജോവിം പരമാനന്ദം കാണമാതിമി കാല ീഗതകാളിയശിരസി സു നൃത്യം മുഹുരത്യന്തം കാളം കാതീതം കലിതശേഷം കലിതോഷഘ്നം കാളത്രയതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ോവിം പരമാനന്ദം ഭജ ഗോവിന്ദം ഗോപാളം ഭുവി ലീലാവിഗ്രഹോപാളം കുലഗോപാളം ഗോപീേലോവർധനധൃത ലീലാളിതോപാളം ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുടനമാനം ബഹുനമാനം ഗോധീ ഗോചരദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം യമാത്മാവസി ത്വമ തോന്നം മുമ്പിഞ്ചിത് അതിയേട്ടം കൂരുമാം തഥവ ം ആത്മനാഥം രമണം ഭജമ